സമൂദ് ജനതയിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹ അലഹിസലാമിനെ നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എൻറെ ജനതയെ നിങ്ങളള്ളാഹു സുബാനഹൂവ തായാലയെ ആരാധിക്കുക അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്നുപാദിപ്പിക്കുകയും അവിടെ നിങ്ങളെ പാർപ്പിക്കുകയും ചെയ്തു അതിനാൽ നിങ്ങൾ അവനോട് പാപമോചനം തേടുക പിന്നീട് അവനിലേക്ക് മടങ്ങുക തീർച്ചയായും എന്റെ രക്ഷിതാവടുത്തവനും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനുമാകുന്നു